എന്താന്ന് വെച്ചാൽ ചിത്തവൃത്തികൾക്ക് ഇരിപ്പ് ഉറക്കില്ല സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരിട്ടു പോകുന്ന പോലെ ആത്മാനുഭവം ഉണ്ടാവുമ്പോ ചിന്തധാനെ വിട്ടുപോകും അചിന്യം സർവത്രകം അചിന്ത്യം കൂട്ടസ്ഥം ചലിക്കാതെ ഇരിക്കുന്നത് കൂടം എന്ന് വെച്ചാൽ കപടം എന്നൊരർത്ഥം കാപട്യം നിറഞ്ഞിട്ടുള്ളതും അതായത് ഇല്ലായ്മകൾക്കുള്ളിൽ പ്രകാശിക്കുന്ന വസ്തുവാണ് കൂടം കൂടസ്ഥം ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ തന്നെ ഉള്ള പോലെ തോന്നുന്നു എന്തൊക്കെയോ കാണിക്കണം അതിനു പുറകിൽ ഒരു മാറ്റവും കൂടാതെ പ്രകാശിച്ച് നിൽക്കുന്ന ദീപം കൂടസ്ഥം അചലം എല്ലാ ചലനങ്ങൾക്ക് പുറകിലും ഒരു ചലനവുമില്ലാതെ നിൽക്കുന്നത് ധ്രുവം നിത്യമായിട്ടുള്ളത് ഇത്രയും വിശേഷണങ്ങൾ ആദ്യം അർജുനൻ പറഞ്ഞ വിശേഷണം ഉണ്ടല്ലോ അവ്യക്തം അതിന്റെ ഒരു അനിർദ്ദേശം ചേർത്തു എന്നിട്ട് ഭഗവാൻ കുറെ വിശേഷണങ്ങൾ ചേർത്തു അനിർദ്ദേശ്യം അചിന്ത്യം കൂട്ടസ്ഥം അചലം ധ്രുവം ഇപ്പൊ എന്തിനാ പറയണത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് നമ്മളുടെ സ്വരൂപത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മളെ നമ്മൾ അറിയുമ്പോ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ ഉള്ളതായിട്ട് നമ്മൾ കാണും നമ്മളെ ശരീരമാണെന്ന് കരുതും ഈ ലക്ഷണങ്ങളൊന്നും യോജിക്കില്ല ശരീരമാണെന്ന് കരുതുമ്പോ ശരീരം ഈ ലക്ഷണങ്ങളൊന്നും ശരീരമാണെന്ന് കരുതുമ്പോ യോജിക്കില്ല നമ്മളെ വാസ്തവത്തിൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ കാണാം ഈ ലക്ഷണങ്ങളൊക്കെ അവിടെ യോജിക്കും അതിനെങ്ങനെ അറിയും നമ്മളെ അതിന് പിന്നെയും അടുത്ത ശ്ലോകം നോക്കൂ സന്നിയമേന്ദ്രിയ ഗ്രാമം േ പ്രവൂതഹിതര സയമേന്ദ്രിഗ്രാമം സമബുദ്ധയ തേ മാമൂതഹിര ഈ കൂടസ്ഥം അചലം ധ്രുവം എന്നൊക്കെ പറഞ്ഞ ആ സ്വരൂപത്തിനെ എങ്ങനെ അറിയുന്നു എന്ന് വെച്ചാൽ ഇന്ദ്രിയ ഗ്രാമമൊക്കെ അന്തർമുഖമാക്കി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതരേ വീണു വണങ്ങിയോതിടേണം കണ്ണുകളഞ്ചും മുള്ളടക്കി തെരുതരെ രണ്ടു കണ്ണല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ അഞ്ചു ഇന്ദ്രിയങ്ങളെയും കണ്ണുകളാക്കി കണക്കാക്കി കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേൺ തെരുതര വെച്ചാൽ ഒരു ക്ഷണനേരം പോലും വിച്ഛിത്തിയില്ലാതെ അന്തർമുഖത കേൾക്കുമ്പത്തന്നെ പേടിയാവും നമുക്കല്ലേ അതുകൊണ്ടാണ് അടുത്ത ശ്ലോകം പറയാൻ പോണത് അല്ലെങ്കിൽ ഇതോടെ നിർത്തിയിട്ടുണ്ടാവും ഇതാണ് ഉപായെങ്കിൽ ഇതിപ്പോ ആദ്യം ഒത്തിരി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പറയണത് സർവേ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കി കാരണം ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ മനസ് പുറത്തേക്ക് പോണുണ്ട് കണ്ണിലൂടെ മനസ്സ് രൂപമായി തെറിക്കുന്നു ചെവിയിലൂടെ മനസ്സ് ശബ്ദമായി തെറിക്കുന്നു മൂക്കിലൂടെ മനസ്സ് മണമായിട്ട് തെറിക്കുന്നു നാവിലൂടെ മനസ്സ് രുചിയായിട്ട് തെറിക്കുന്നു ത്വക്കിലൂടെ മനസ്സ് സ്പർശമായിട്ട് പുറത്തേക്ക് തെറിക്കുന്നു ഇങ്ങനെയൊക്കെ മനസ്സ് തെറിച്ചു പോകുമ്പോ പുറത്തു പോണത് എന്താ പ്രാണശക്തിയാണ് പ്രാണനും മനസ്സും ഒന്നാണ് പ്രാണശക്തിയാണ് പുറമേക്ക് പോണത് അപ്പോ നമ്മള് കൂടുതൽ കൂടുതൽ നമ്മളുടെ തന്നെ പിറപ്പിടത്തിൽ നിന്നും മൂലത്തിൽ നിന്നും അകന്നകന്നകന്നു പോവാ യോഗികൾ എന്ത് ചെയ്യണു ഇതിനെ മുഴുവൻ അന്തർമുഖമാകുന്നു ഭഗവാൻ നമ്മളെ പറ്റിച്ചു എന്നാണ് കഠോപനിഷത്ത് പറയണത് ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്ത് തിരിച്ചു വെച്ചിട്ട് അദ്ദേഹം അകത്ത് കയറിയിരുന്നു അത്ര എന്നിട്ട് ഉള്ളിൽ നോക്കൂ ഉള്ളിൽ നോക്കൂ എന്നാൽ എങ്ങനെ നോക്കൂ പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂ തസ്മാ പരാം പശ്യതി നാന്തരാത്മൻ കശിദ്ധീര പ്രത്യകാത്മാന വഹിച്ചത് ആരോ ഒരു ധീരൻ ധീരൻ എന്ന് വെച്ചാൽ ആരാ ധീരക്ഷണം ചെയ്തവനാണ് അത്ര ധീരൻ ധീരൻ എന്ന് വെച്ചാൽ ധീരക്ഷണം ധീന്ന് വെച്ചാൽ ബുദ്ധി ആത്മജ്ഞാനത്തിനെ സംരക്ഷിച്ചവൻ അങ്ങനെയുള്ളവൻ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ച് ാൽ ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് പോകുന്ന മനസ്സിനെ അതിന്റെ പിറപ്പിടത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ചു ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛന് എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വെച്ചാൽ അമൃതത്വത്തിനെ കണ്ടെത്താനായിട്ട് അപ്പോ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ പുറമേക്ക് പോകുന്നത് അന്തർമുഖമാവാൻ ആണോ ഇവിടെ സന്നിയമേന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയ ഗ്രാമങ്ങളൊക്കെ എങ്ങനെ സംയമപ്പെടും സർവത്ര സമബുദ്ധയാ എന്തിനെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഗുണ അധ്യാസമുണ്ടെങ്കിൽ മനസ്സവിടെ പോകും പോവാതിരിക്കില്ല ആർക്കാണോ ഒന്നിലും ഒരു പ്രത്യേകതയില്ലാതെ സമത്വമുള്ളത് അയാൾക്ക് കണ്ണു തുറന്നിരുന്നാലും പ്രത്യേകിച്ചൊന്നും കണ്ടിട്ട് അവിടെ നോക്കാനൊന്നുമില്ല എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അറിയാതെ ദൃഷ്ടി അവിടെ പോവും നമുക്ക് അറിയണവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങുടെ ദൃഷ്ടി അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് നോക്കി ആഭരണങ്ങളിലൊക്കെ ആഗ്രഹമുള്ള സ്ത്രീകള് അമ്പലത്തിൽ പോയാൽ അതാണോ ആദ്യം കണ്ടിട്ട് വരിക അല്ലേ എന്താ അതാണോ ആദ്യം ദൃഷ്ടി പോവുക അവിടെ സന്നിയം ഇന്ദ്രിയഗ്രാമം എവിടെ എവിടെ രാഗണ്ടോ അവിടെ എവിടെ ദോഷ ദ്വേഷണ്ട അങ്ങനെക്ക് പോവും നല്ല ശബ്ദം കേൾക്കാൻ നല്ല രൂപം കാണാൻ നല്ല രുചി കിട്ടാനായിട്ട് അതിനു പുറകിൽ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഓടണത് നിൽക്കണമെങ്കിലോ സർവത്ര സമബുദ്ധയാ സമത്വം യോഗപുച്ഛേ സർവത്ര സമബുദ്ധി അവർക്ക് എങ്ങനെ വന്നു ആദ്യം പറഞ്ഞ പോലെ നോക്കണം ഈ അന്തർമുഖമായ ആത്മവിചാരത്തിന് വിശ്വരൂപ ദർശനം സഹായകരമായിട്ട് തീരും വിശ്വരൂപ ദർശനത്തിന് ആത്മവിചാരം സഹായമായിട്ട് തീരും രണ്ടും ചേർന്നിട്ടാണ് നിൽക്കുന്നത് മനസ്സ് തലവഴിക്ക് പോവാതിരിക്കണമെങ്കിൽ എല്ലാ വസ്തു ഒന്നാണോ ഒന്നുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയണം സ്വർണം കൊണ്ട് മാല മോതിരം കിരീടം കങ്കണം ഒക്കെ എന്നാലും ഇപ്പൊ ഓണവഴിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് അല്ലെ ഓണം ഓണത്തിന് ആഭരണങ്ങൾ വാങ്ങിക്കണ്ടേ അക്ഷരതൃതി അക്ഷയതൃതിയേക്ക് ആഭരണം വാങ്ങിക്കേണ്ടേ എന്നൊക്കെ പറയണതാരാ അയാൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മളുടെ സകല വിശേഷം അയാൾക്കറിയാം എന്താന്ന് അയാൾക്ക് ചെലവാകണം കാര്യം അത്രയുള്ളൂ നമ്മൾ പോയിട്ട് പുതിയ പുതിയ ആഭരണങ്ങൾ പുതിയ പുതിയ രീതികളിലൊക്കെ കണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും പഴയതൊന്നും പിടിച്ചില്ലേ അതൊക്കെ ഉള്ളിലെടുത്ത് പെട്ടിയിൽ പൂട്ടിയിട്ടു പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ ധരിച്ചു പഴയ കാലത്തെ ചില ആഭരണങ്ങളൊക്കെ ഉണ്ട് ആ പഴയ ഫാഷൻ മൂക്കിന്ന് ചെവിക്ക് കണക്ഷൻ കൊടുക്കാം വലിയ വലിയ വലിയ ആഭരണങ്ങൾ ധരിക്കാം അഞ്ചു ആറും വരി കഴുത്തിലിടാം ഇങ്ങനെ പലതരം ആഭരണങ്ങൾ പഴയ കാലത്തുണ്ട് അതൊന്നും ഇപ്പൊ പിടിച്ചില്ല ഇതൊക്കെ വീട്ടിൽ കിടക്കണോ അവിടെ നമ്മൾക്ക് അന്ന് കണ്ടാലേ പിടിക്കണില്ലേ അതൊക്കെ എങ്ങനെയാ മനുഷ്യൻ ധരിക്കാന്ന് കക്കാൻ വന്ന കള്ളൻ രാത്രി കള്ളൻ കയറി അയാൾ ഈ പഴയ കാലത്തെ ആവരണമൊക്കെ എടുക്കാതിരിക്കോ അത് ഓൾഡ് ഫാഷൻ ആണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോവോ അയാൾക്ക് സ്വർണം മാത്രമാണ് കണ്ണ് ഒക്കെ എടുത്ത് വാരിപ്പെട്ടിയിലിടും അല്ലേ അയാൾക്ക് പഴയ ആവരണമാണോ പുതിയ ആവരണമാണോ അത് പഴയ ഫാഷനാണോ പുതിയ പാറ്റേൺ ആണോ ഒന്നും നോക്കില്ല അയാള് അയാള് കനകൈക മഹാബുദ്ധിയാണ് എല്ലാം സ്വർണ്ണമെന്ന് മാത്രമേ കാണുള്ളൂ വ്യവഹാര പ്രാധാന്യമുള്ളപ്പോ സമബുദ്ധി വരില്ല സമബുദ്ധി ഉള്ളപ്പോ വ്യവഹാര പ്രാധാന്യം കുറഞ്ഞു പോവും ഈ ആധ്യാത്മീയതയൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ അധ്യാത്മികവും വേണം വ്യവഹാരവും നല്ലവണ്ണം നടക്കണം ബിസിനസ്സും പൊടിപൊടിക്കണം ആത്മസാക്ഷാത്കാരവും വേണം എന്നൊക്കെ പറയുമ്പോഴാണ് കഷ്ടം ഇയാൾക്ക് ലോകം മുഖ്യമല്ലാതാവുമ്പോഴേ ഈശ്വരനെ കിട്ടുകയുള്ളൂ ഇയാൾ പറയുന്നത് രണ്ടും വേണം എനിക്കെന്നാണ് നടക്കില്ല എന്നാൽ ലോകം വിട്ടുപോവ് വിട്ടുപോവൊന്നുമില്ല ലോകത്തിൽ നമ്മൾക്ക് ഉണ്ണാനും ഉറങ്ങാനും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ലോകത്തിലെ അത്യാഗ്രഹം കൊണ്ട് മറ്റുമൊക്കെ നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുകയും വേണം എനിക്ക് ആത്മസാക്ഷാത്കാരം വേണമെന്ന് നടക്കില്ല എപ്പോ ആത്മസാക്ഷാത്കാരത്തിനൊരുത്തൻ പരിഭാഗപ്പെടുന്നു അവന് സമബുദ്ധി വന്നുപോവും സമബുദ്ധി വരുമ്പോ തന്നെ ഒന്നില് പ്രത്യേകതയും ഒന്നിനോട് വെറുപ്പും കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാവുമ്പോ എന്താ ശാന്തിയാണ് അയാളുടെ ഏറ്റവും വലിയ സ്വത്ത് പൂർണ്ണതയാണ് അയാളുടെ ഏറ്റവും വലിയ നേട്ടം സർവത്ര സമബുദ്ധയ അങ്ങനെയുള്ളവര് തേ പ്രാപുനുവന്തി മാമേവ അവരെന്നെ തന്നെ പ്രാപിക്കും സംശയമൊന്നും വേണ്ട അവരെങ്ങനെയുള്ളവരാണ് ആ പ്രാപിച്ചവര് സർവഭൂതഹിതേരഥാഹ അവർക്കൊരു പ്രത്യേക അഹങ്കാരമില്ല വ്യക്തിത്വമില്ല അവര് ജീവൻ മുക്തന്മാരാണ് രതിയുള്ളവരാണ് എല്ലാ പ്രാണികൾക്കും ഹിതം വരണം എല്ലാവർക്കും മംഗളം വരണം എല്ലാവർക്കും നന്മ വരണം എന്ന് പറഞ്ഞു മാത്രം ശരീരധാരണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവര് സർവഭൂതഹിതേര േ പ്രാപ്നുവന്തിവാമേവ് അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് ഭഗവാൻ അവരെന്നെ തന്നെ പ്രാപിക്കുമെന്നോ എന്നാൽ അത് തന്നെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാണ് നോക്കാം ക്ലേശോധികത അവ്യക്താസക്തചേതസാം അവ്യക്താഹികർ ദുഃഖം ിരവാപ്യത്തെ ഡയറക്റ്റായിട്ട് ഈ ആത്മവിചാരമാർഗത്തിലേക്ക് പോവുക എന്ന് പറയണത് വ്യവഹാരത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ദേഹാഭിമാനത്തോടുകൂടെ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ക്ലേശോ അധിക തരഹാ ക്ലേശാം അവർക്ക് കൂടുതൽ ക്ലേശിക്കേണ്ടി വരും ആർക്ക അവ്യക്താസക്ത ചേതസാം ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തർമുഖപ്പെടുത്തി സ്വരൂപത്തിൽ തിരിച്ചുവിടുന്നവർക്ക് അതിനു പകരം നമ്മൾക്ക് ശരീരാഭിമാനം ഉള്ളപ്പോ ഇവിടെ ഭഗവാനെയും ശരീരമായി കരുതിക്കൊണ്ട് ആരാധിക്കുകയും പ്രപഞ്ചത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന ആ വിശ്വരൂപ ദർശന ഉപാസന വളരെ എളുപ്പമായിരിക്കും എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഇവന് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഭഗവാനെയും പ്രപഞ്ചരൂപിയായി തന്നെ കരുതിക്കൊണ്ട് ആരാധിക്കാൻ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലാതെ ദേഹവത്ഭിഹി എന്ന് വെച്ചാൽ ദേഹാഭിമാനവദ്ബിഹി എന്നർത്ഥം ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ആൾക്ക് ആത്മധ്യാനം കുറെ ക്ലേശകരമാണ് ക്ലേശോ അധിക തര സ് അവ്യക്ത ആസക്ത ചേതസ്സാം അവ്യക്തത്തിൽ ആസക്തി ഉണ്ട് ഇവന് വ്യവഹാരം വിടാൻ വയ്യ അപ്പൊ ഈ വ്യവഹാരത്തിന് യജിച്ചു നീക്കണമേ അതിനിവന് വിശ്വരൂപ ഉപാസന കൂടാതെ കഴിയില്ല ഇവന് ഇനിയും ലോകത്തിൽ പലതും ചെയ്യാനുണ്ട് നേടിയെടുക്കാനുണ്ട് ശരീരാഭിമാനത്തോടുകൂടെ ഇരിക്കയാണ് അതേസമയം പാരമാർത്ഥികമായ ലക്ഷ്യത്തിലും തിരി കണ്ണുവന്നു അപ്പോഴാണ് ഭാഗവതധർമ്മം സഹായത്തിന് വരുന്നത് നീ ഒന്നും വിടണ്ട നീ ഒക്കെ ചെയ്തോളൂ പക്ഷെ പതുക്കെ പതുക്കെ ഇതിന്റെ ഇടക്കൂടെ നാമജപം ചെയ്തോളുക നാമസങ്കീർത്തനം ചെയ്തോളുക ഭഗവാനെ കൊണ്ടുവന്നുകൊള്ള ഭഗവാനാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുള്ളതും മറക്കണ്ട അങ്ങനെ ഭഗവാ നന്റെ ശക്തിയെ ആശ്രയിക്കുന്നതിന് പകരം ഭഗവത് കൃപയെ ആശ്രയിച്ചുകൊണ്ട് സാധന ചെയ്യാം ആ കൃപ നിന്നിലേക്ക് പ്രവഹിക്കുമ്പോ അത് ചിലപ്പോൾ പിടിച്ച് വലിക്കുമ്പോ ഈസിയായിട്ട് അങ്ങോട്ട് പോകുന്നോളൂ എളുപ്പത്തിൽ അങ്ങോട്ട് പോന്നോളും വ്യവഹാരമൊക്കെ എളുപ്പത്തിൽ പോന്നോളും വ്യവഹാരമൊന്നും ഉണ്മയല്ല എന്നുള്ളത് കാര്യം ശരിതന്നെ പക്ഷെ വ്യവഹാരത്തിന് നമ്മൾ വിടണമെന്ന് വരുമ്പോ ഈ അഹങ്കാരമാണല്ലോ വിടണമെന്ന് ആഗ്രഹിക്കണം അതിന് പറ്റില്ല അത് ബുദ്ധിമുട്ടും എപ്പോഴാണോ പാരമാർത്ഥികമായി ഭഗവാന്റെ ആകർഷണ വലയത്തിൽ ഈ ജീവൻ വീണത് അപ്പൊ വ്യവഹാരം താനേ വിട്ടുപോയിക്കോളും വെളിച്ചം വരുമ്പോ ഇരുട്ട് വിട്ടുപോയിക്കോളും ഇവൻ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചുവിടണമെന്നും സർവത്ര സമബുദ്ധിശീലിക്കണം എന്നൊക്കെ ഒരു വലിയൊരു കാര്യമാക്കി തീർത്ത് അതിനുവേണ്ടി മെനക്കെട്ടാൽ ഇയാൾക്ക് നടക്കില്ല നരേമറിച്ച് ആ അന്തര്യാമിയായ ഭഗവാൻ തന്നെ ആകർഷിക്കുമ്പോ എല്ലാ ഒരു ക്ഷണത്തിൽ വിട്ടുപോകും ഈ വൈരാഗ്യം എപ്പോ വരും പറയാനേ പറ്റില്ല കൃപ ഭഗവത് കൃപ വരുമ്പോഴാണ് വൈരാഗ്യം വരുന്നത് മംഗലാപുരത്തിലെ ഒരു ഒരു സ്വാമി ഉണ്ടായി മംഗലാപുരത്തുകാരനാണ് അദ്ദേഹം വടക്കോട്ട് പോയി അദ്ദേഹത്തിന്റെ കഥ വലിയ ബിസിനസ് മാൻ കൊങ്കിണികള് സാധാരണ ഒക്കെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണല്ലോ അതിൽ വന്നവരാണ് വലിയ ബിസിനസ്സാണ് വലിയ കടകൾ ധാരാളമുണ്ട് പലചരക്ക് കച്ചവടം ജന്മനാ തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ജനിക്കുന്നത് തന്നെ വലിയൊരു വ്യാപാരി കുടുംബത്തിലാണ് ജനിച്ചത് അവർക്കൊക്കെ തന്നെ സമ്പ്രദായമായിട്ട് ഈ നാമസങ്കീർത്തനവും നാമജപവും ഭക്തിയും അതുമൊക്കെ ഒരു വശത്തുണ്ട് മാറുവാടികളൊക്കെ കാണാം നമുക്ക് അവർക്കൊക്കെ ഒരു വശത്ത് അമ്പലത്തിലേക്ക് അതിനെ കൊടുക്കും വേറെ ഒരു വശത്ത് വ്യാപാരം എന്ന് വെച്ചാൽ അതതിന്റേതായ രീതിയിൽ വ്യാപാരം നടക്കും ബിസിനസ് അതിന്റേതായ രീതിയിൽ നടക്കും അത് കഴിഞ്ഞിട്ട് പണം നാട്ടുകൊട്ട് ചെട്ടിയാർമാരും ഒക്കെ ധാരാളം ഭഗവതാരാധനയ്ക്കായിട്ടും അമ്പലങ്ങളിലേക്കായിട്ടും ഒക്കെ കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊരു ഒരു വംശത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വ്യാപാരത്തിൽ പ്രവേശിച്ചു വ്യാപാരത്തിലെന്ന് വെച്ചാൽ നല്ല വ്യാപാരം പുരന്ദരദാസരും ഒക്കെ അങ്ങനത്തെ വംശത്തിൽ ജനിച്ച ആളാണ് കണിശമായ വ്യാപാരം അങ്ങനെ വ്യാപാരം ചെയ്ത് പത്തിരുപത്തഞ്ച് വയസ്സിൽ കല്യാണവും കഴിച്ചു അവരുടെ കുടുംബത്തിൽ തന്നെ അറിയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു ഭാര്യയോട് അത്ര കണ്ടു പ്രിയം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോട് അത്ര കണ്ട് പ്രിയം അതോടുകൂടി ഇദ്ദേഹത്തിന് വ്യാപാരത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതായി ഭാര്യയെ കൂട്ടിക്കൊണ്ട് നാട് നീളം ടൂറടിക്കാം അങ്ങനെ സുഖത്തിൽ വീണു ഒരു വശത്ത് വ്യാപാരം മറ്റൊരു വശത്ത് സുഖഭോഗത്തിലും അങ്ങനെ സുഖമായിട്ടങ്ങനെ രമിച്ചിരുന്നു അങ്ങനെ കുറെ കാലം അച്ഛനും ഒക്കെ ഉപദേശിച്ചു നോക്കി വ്യാപാരമൊക്കെ ബിസിനസ് ഒന്നും നോക്കാൻ പറഞ്ഞു ബിസിനസ് നോക്കാനൊന്നും ഇൻട്രസ്റ്റില്ല ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പലതിരക്ക് കടയിൽ അച്ഛൻ ഒരുപാട് ചീത്ത പറഞ്ഞപ്പോ പലതിരക്ക് കടയിൽ ചെന്ന് ഈസി ചെയറിൽ കിടന്നു അച്ഛോട് നടക്കണം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഒരാൾ വന്ന് വെല്ലം വാങ്ങിച്ചുകൊണ്ടുപോയി നോക്കണേ എങ്ങനെയാ ഭഗവത് കൃപ പ്രവർത്തിക്കാമെന്ന് പറയാം വെല്ലം വാങ്ങിച്ചുകൊണ്ടുപോയി അപ്പൊ കടയിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവറിൽ വെല്ലം ഇട്ടിട്ട് കെട്ടിക്കൊടുത്തു ഇയാള് വെല്ലവും കൊണ്ട് വീട്ടിൽ പോയിട്ട് വെല്ലവും കൊണ്ട് വീട്ടിൽ പോയിട്ട് ആ കവറിലുള്ള വെല്ലം ചവിട്ടിലിട്ടു വെല്ലം നന്നല്ല അയാൾക്ക് ദേഷ്യം വന്നിട്ട് വേറൊരു കടലാസെടുത്തിട്ട് ആ വെല്ലം പൊതിഞ്ഞു കെട്ടിയിട്ട് കടയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് വെല്ലം വളരെ മോശമാണ് ഇങ്ങനത്തെ വെല്ലമാണോ നിങ്ങൾ വിൽക്കുന്നത് ശർക്കര നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വെല്ലെന്ന് പറയുക ഇവിടെയൊക്കെ ശർക്കര എന്നാണ് സാധാരണ കൂടെ പറിക്കുക വെല്ലെന്നാണോ പാലക്കാട് ഭാഷ പാലക്കാടൊക്കെ വെല്ലെന്നാണ് പറയും അതവിടെ അച്ച് അച്ച് വെല്ലമായിട്ട് വരും ആ കൊണ്ടുവന്നിട്ട് ഈ ശർക്കര എന്ന് പറഞ്ഞിട്ട് കേട്ടിക്കൊണ്ടുവന്നു അതവിടെ ഇട്ടിട്ട് ആ കടലാസ് അപ്പോ ഇയാൾ പറഞ്ഞു അയാളെ കുറച്ച് കിട്ടിയും പറഞ്ഞു ഇ സി ചെയറിൽ കിടന്നിട്ട് പറഞ്ഞു നന്നല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി ഇതേ ഇവിടെ ഉള്ളൂ പൈസയും തിരിച്ചു കൊടുത്തു കടലാസ് പൊതി അഴിച്ചിട്ട് ടിന്നിൽ തന്നെ ഇട്ടിട്ട് കടലാസിനെ അവിടെ ഇട്ടിട്ട് ഇതേ ഇസി ചെയു കിടക്കുമ്പോ ഈ ഭജന സങ്കീർത്തനം ചെയ്തുകൊണ്ടു പോണ ആളുകൾ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ടു പോകണം അപ്പൊ അവരെയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് തമാശ തോന്നാണ് ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇവരിങ്ങനെ നേരം വിളിച്ചായാൽ തുടങ്ങി ഓരോ പാട്ടും പാടി ഇങ്ങനെ നടക്കുക എന്നൊക്കെ വിചാരിച്ച് ഈ സി ചെയറിൽ കിടക്കുമ്പോ ഈ ശർക്കര പൊതിഞ്ഞ കടലാസ് ഉണ്ടല്ലോ ആ കടലാസ് കാറ്റ് ഒരു കാറ്റടിച്ചപ്പോ പറഞ്ഞിട്ട് ഇസി ചെയറിൽ ഇങ്ങനെ കൈവെച്ച് തലയ്ക്ക് പുറകെ കൈവെച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ വന്ന് ഒട്ടിപ്പിടിച്ചു ഈ കടലാസ് അതായത് ശർക്കര കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് അഴിച്ചു ചോട്ടിലിട്ടതാണ് അതിങ്ങനെ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു അത് തുറന്നു നോക്കുമ്പോ അതില് മഹാരാഷ്ട്ര സന്ധുക്കളില് തുക്കാറാമന്റെ ഒരു മറ്റോ ഒരു അഭംഗാണ് അതില് അതിന്റെ അർത്ഥം മാത്രം എഴുതിയിരിക്കുകയാണ് ഇതുപോലെ എത്രയോ പതിമൂന്ന് ലക്ഷമോ മറ്റോ രാമകൃഷ്ണ ഹരി ജപിക്കുകയാണെങ്കിൽ പാണ്ഡുരംഗൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണും ഇത് ഈ സി ചെയറിൽ കിടന്നുകൊണ്ട് വായിക്കുന്ന ആൾക്ക് ആ ക്ഷണത്തില് ആഘാതം അത്ര കണ്ട് തീവ്രമായിട്ട് ഒരു ഭാവമുണ്ടായി ഭഗവാനെ കാണണം ഭഗവത് സാക്ഷാത്കാരം അങ്ങനെ സാധിക്കുമോ ഞാൻ നോക്കട്ടെ ഇത്രയും ദിവസം ഭോഗിയായിട്ടും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു ക്ഷണത്തില് എന്ത് ചെയ്തു വെച്ചാൽ നേരം സന്ധ്യ ആയിക്കഴിഞ്ഞു എല്ലാരെയും കടയിൽ നിന്നൊക്കെ പോവാൻ പറഞ്ഞിട്ട് കൊറേ എണ്ണ കടയിലുണ്ടായിരുന്നു ആ എണ്ണ ടിന്നൊക്കെ കമിഴ്ത്തിയിട്ട് തീ കൊളുത്തി അവിടെ ഇട്ടിട്ട് പുറത്തുപോയി വീട്ടിലുള്ളവരൊക്കെ വന്ന് നോക്കുമ്പോ കട കത്തി കാളുകളാണ് എല്ലാവരും കൂടെ നിലവിളിക്കാൻ തുടങ്ങി കട അങ്ങനെ തീ പിടിച്ച് കത്തുമ്പോ ഭാര്യയ്ക്ക് ഒരു കത്തു എഴുതി വെച്ചിട്ട് പോയി എനിക്ക് ആകെപ്പാടെ കടയിലൊക്കെ നഷ്ടമെന്നും ഞാൻ ഇന്നിവിടെ ഇരിക്കില്ലെന്ന് വന്നിട്ട് എഴുതി വെച്ചിട്ട് ഇദ്ദേഹം അങ്ങോട്ട് വടക്കോട്ട് പോയി എവിടെയോ പോയി കുറെ കാലം തപസ്സിലിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഈ മാർഗത്തിലെ ഉപദേശം ഉണ്ടായിരുന്നൊക്കെയാണ് കഥ എന്തായാലും എന്താണെന്ന് വെച്ചാൽ ഈ വൈരാഗ്യം എപ്പോ വരും ഏത് രീതിയിൽ വരും ഭഗവത് കൃപ എപ്പോഴാണ് ഒരു ജീവനെ ആൾക്കൊള്ളുക എന്ന് പറയാൻ പറ്റില്ല പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല ഏത് രീതിയിൽ പിടിക്കൂ എന്ന് പറയാൻ വയ്യ ഇത് ഏതൊക്കെ രീതിയിലാണ് ചക്രം ചുറ്റി വരണതെന്ന് നോക്കുന്നു അപ്പൊ അങ്ങനെ ഭഗവാന്റെ കൃപയെ ആശ്രയിച്ചുകൊണ്ടാണ് സാധനയെങ്കിൽ ഉപാസനയെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മളുടെ സാമർത്ഥ്യത്തിനെ ആശ്രയിച്ചുകൊണ്ടാണെങ്കിൽ സഗുണമാണെങ്കിലും നിർഗുണമാണെങ്കിലും ബുദ്ധിമുട്ടാണ് ഇവിടെ സർഗുണം നിർഗുണം സാഗാരം സാഗാര എളുപ്പമെന്നൊന്നുമില്ല അതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറയാം എന്നല്ലാതെ സാഗാരവും നാമജപവും ഒക്കെ എളുപ്പമാണെങ്കിൽ നാടിനീള ജീവൻ മുക്തന്മാർ നടക്കേണ്ടതാണ് ഭഗവത് കൃപയെ ആശ്രയിക്കുകയാണെങ്കിൽ അധ്യാത്മത്തിൽ ഒരു കാര ഒരു വിധത്തിലും ഡിഫനിഷൻ കൊടുക്കാൻ കഴിയാത്ത നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഈ കൃപ എന്ന് പറയണത് ആ കൃപ എന്നുള്ളത് എപ്പോ ഒരാൾക്ക് ആ ഒരു തത്വം അനുഭവവേദ്യമാവണോ എപ്പോഴാണോ ആ കൃപ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയണത് ആത്മാവിന്റെ ശക്തി എന്ന് വെച്ചുകൊള്ള വേദാന്തപരമായി പറയുകയാണെങ്കിൽ അ ചിത് ശക്തി അ ചിത്ശക്തിയെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ചിത്ത്ശക്തി തന്നെയാണ് കൃപ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തിന് അത് അനുഭവവേദ്യമാകുമ്പോ ആവണം അതിന് അതിന്റെ തന്നേതായ ശക്തി എന്ന് വെച്ചുകൊള്ള ആ ശക്തി തന്നെയാണ് കൃപ ആ കൃപയെയാണ് ഇവിടെ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ടും ഒക്കെ പറഞ്ഞത് ഭഗവാൻ സർവത്രകം എന്നൊക്കെ പറഞ്ഞു ആ കൃപ കൃപയെ ആശ്രയിച്ചുകൊണ്ടൊരാൾ സാധന ചെയ്യുകയാണെങ്കിൽ എളുപ്പമാവും കൃപയെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ ദേഹാഭിമാനത്തോടുകൂടെ ഇരിക്കുന്ന ആൾക്ക് ക്ലേശ അധിക തരാഹ അവ്യക്ത ആസക്ത ചേതസ്സമാ അവ്യക്തത്തിൽ ചേതസ് ആസക്തമായിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴാണോ ആത്മാവ് നമ്മളെ വരിക്കുന്നത് അപ്പൊ ആത്മാവ് സ്വയമേവ നമുക്ക് പ്രകാശിപ്പിച്ചു തരും ക്ലേശോ അധികതര സ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹിഗതിർ ദുഃഖം ദേഹപദ്ഭിരവാപ്യത ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ആൾക്ക് അവ്യക്തമായ ആത്മാവിനെ അറിയ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിഷമം പിടിച്ച കാര്യമാണ് പക്ഷേ ആരാണോ ആ കൃപയെ അറിയണത് ആ ഭഗവത് കൃപ കൊണ്ടുവേണം എനിക്ക് ഭഗവാനെ കിട്ടാൻ എന്നറിയണത് അവൻ അരുളാൽ അവൻ താഴ്വണങ്കി തമിഴിലൊരു ചൊല്ലുണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ നമസ്കരിക്കണം നാമജപം ചെയ്യണതുപോലെ ഞാൻ ചെയ്യണമെന്ന് ധരിക്കാൻ പാടില്ല യത് കരോഷി യശ്നാസി യജ്ജുഹോഷി ദാസി യത്ത് യപസ്യസി കൗന്യ തത്കുരുഷമതർപ്പണം എന്തെങ്കിലും ചെയ്യണത് കൊണ്ട് ഭഗവാനെ കിട്ടില്ല എന്താവട്ടെ ജപ ആവട്ടെ പൂജയാവട്ടെ നാമസങ്കീർത്തനാവട്ടെ ശാസ്ത്രപഠനമാവട്ടെ വേദാന്ത വിചാരം എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടണ ഒരു സാധനം അല്ല ഭഗവാൻ നമുക്ക് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടേണ്ടതാണ് ഇത്ര പണം കൊടുത്താൽ ഇന്ന വസ്തു വാങ്ങിക്കാം അതുപോലെ ഞാൻ ഇത്ര പരിശ്രമം ചെയ്തു എനിക്ക് ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കിട്ടാനുള്ള വസ്തു അല്ലാതെ കിട്ടിയിട്ടുള്ളതാണ് സിദ്ധമായിട്ടുള്ളതാണ് സൂര്യനെയും വേഗം മറച്ചിരിക്കണ പോലെ ഒരു അജ്ഞാനമുള്ളിലും മറച്ചിരിക്കണം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ കിട്ടാനുള്ള ഒരു വസ്തുവല്ല നമുക്ക് ഒന്ന് പ്രവർത്തിച്ചിട്ട് ഒരു പരിശ്രമം കൊണ്ട് വാങ്ങാനുള്ള വസ്തുവല്ല വിക്രയം ഉള്ള വസ്തുവല്ല അപ്പൊ നമ്മളുടെ സാമർത്ഥ്യമൊക്കെ അവിടെ പരാജയപ്പെട്ടു പോവാണ് പിന്നെ എങ്ങനെയാണ് ഭഗവത് സാക്ഷാത്കാർ ഉണ്ടാവണത് എപ്പോഴാണോ ഈ ജീവൻ അടങ്ങണത് ശരണാഗതി ചെയ്യണത് അപ്പൊ ഭഗവത് സാക്ഷാത്കാർ ഈശ്വരപ്രണിധാനാത് എന്ന് പതഞ്ജലി പറഞ്ഞു എപ്പൊ സമാധി സിദ്ധി ഉണ്ടാവും ഈശ്വര പ്രണിധാന പ്രണിധാനം ശരണാഗതി അടക്കം അറിഞ്ഞിട്ടടങ്ങൂ അല്ലെങ്കിൽ അടങ്ങിയിട്ടറിയൂ എപ്പോഴ എങ്ങനെയാണെങ്കിൽ അടങ്ങണം ആ അടക്കം എങ്ങനെ വരും നമ്മളുടെ അഹങ്കാരത്തിന്റെ മേലെയുള്ള നമ്മളുടെ വിശ്വാസം പോകുമ്പോഴേ അടങ്ങുകയുള്ളൂ ഭക്തിമാർഗത്തിലാവുമ്പോ ഭഗവത് കൃപ നമുക്ക് വലിയൊരു പിടിയുണ്ട് ഭഗവാനേ ഉള്ളൂ അമ്മയും അച്ഛനുമായിട്ട് നമുക്ക് ഭഗവാനുണ്ട് ഭഗവാൻ എല്ലാം ചെയ്യണോ ഭഗവാനാണെന്ന് നടത്തണത് ഭഗവാന്റെ കയ്യിൽ ഞാനൊരു യന്ത്രമാണ് ജപം ചെയ്യുമ്പോ പോലും ഭഗവാൻ ജപിപ്പിക്കണോ ഞാൻ ജപിക്കണം ഇന്നലെ പറഞ്ഞില്ലേ ഹരി ഹൃദയത്തിലിരുന്ന് ജപിക്കണം ഭഗവാൻ സങ്കീർത്തനം ജയിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്നു ഭഗവത് കൃപ കൊണ്ട് ഭഗവത് ആരാധന നടക്കുന്നു എന്നറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കും വളരെ എളുപ്പത്തിൽ അകർത്തൃത്വം പരിചയിക്കണം അഷ്ടാവക്ര സംഹിതയിലെ അഷ്ടാവക്രം പറഞ്ഞു ഒറ്റ ദൂഷ്യമേ ഉള്ളൂ മനുഷ്യന് അഹം കർത്തേതി അഹം മാന മഹാകൃഷ്ണാഹിതംഷിത വിഷം കയറിയിരിക്കുക എന്താ വിഷം ഞാൻ കർത്താവാണ് എന്നുള്ള ആ അഭിമാനം എന്നുള്ള വിഷം ഇതിനെന്താ ആന്റിറ്റ്യൂട്ട് മരുന്നെന്താ നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ ഞാൻ കർത്താവല്ല എന്നുള്ള വിശ്വാസമാകുന്ന അമൃതം കുടിക്കുന്നതാണ് ഭഗവാൻ യന്ത്രയാണ് ഞാൻ യന്ത്രമാണ് ഭഗവാൻ നടത്തിക്കണു ഞാൻ നടക്കണോ ഭഗവാൻ മാത്രമേ ഉള്ളൂ വിഷമം വരുമ്പോ ഏറ്റവും അധികം വിഷമം സാധനയിലാവട്ടെ ലൗകികത്തിലാവട്ടെ ഒരു മഹാമരുന്ന് എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറയാ ഞാനില്ല ഞാനില്ല എന്നെക്കൊണ്ട് പറ്റില്ല ഭഗവാനെ എനിക്ക് സാധിക്കില്ല എന്നെക്കൊണ്ട് ഇതിനു മേലെ പോവാൻ വയ്യ ഈ ശരീരം അവിടുത്തെയാണ് ഈ മനസ്സ് അവിടുത്തെയാണ് ഈ ബുദ്ധി അവിടുത്തെയാണ് ഞാൻ തന്നെ അവിടുത്തെയാണ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തു നോക്കൂ ഈ ശരീരമേ എന്റെ അല്ല ഈ മനസ്സേ എന്റെ അല്ല ഇതാണ് കായേനവാച എന്നുള്ളത് ഭാവത്തിൽ വരുമ്പോ അങ്ങനെയാണ് ഈ ശരീരം ഭഗവാനെ അങ്ങയുടെയാണ് എന്നെ കൊണ്ട് ഇത് നോക്കാൻ വയ്യ നമ്മളുടെ ശരീരം ശരീരത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല വയറ്റിൽ പോയിട്ട് വൈകുന്നേരം കഴിച്ച് ഭക്ഷണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല രാത്രി കിടന്നാൽ ഉറങ്ങുമോ എനിക്കറിയില്ല നേരം വെളിച്ചായ കണ്ണു തുറക്കുക ആരും കണ്ടു ഉള്ളിൽ പോയ ശ്വാസം പുറത്തേക്ക് വരൂ ആരും കണ്ടു വിശ്വാസേ നിശ്വാസേ നഹി വിശ്വാസ എന്നാണ് ഉള്ളിൽ പോയ പ്രാണൻ പുറത്തേക്ക് വരും എന്നൊന്നും കണ്ടീഷനൊന്നുമില്ല പോയ ഒറ്റ പോക്ക് പോവാം പുറത്തുപോയ ആള് പിന്നെ ഉള്ളിൽ വരാതിരിക്കാം നിശ്വാസേ നഹി വിശ്വാസ ചിന്തയെ നിഷേധാത്മകമായിട്ട് ഉപയോഗിക്കണം തപസ് നിഷേധാത്മകമാണ് അതായത് എന്ത് ചെയ്യണു എന്നുള്ളതിലല്ല പ്രധാനം എന്ത് ചെയ്യാതിരിക്കണു എന്നുള്ളതിലാണ് തപസ് നിഷേധിക്കുന്നതിലാണ് തപസ് എന്തിനാ നിഷേധിക്കുന്നത് എന്തൊക്കെ നമ്മളെ കൊണ്ട് കഴിയില്ലയോ അതൊക്കെ അറിയാം ചിന്തിച്ച് ചിന്തിച്ച് എന്തൊക്കെ സാധിക്കുന്നല്ല ഒന്നും സാധിക്കില്ല ചിന്തിച്ച് നോക്കുമ്പോ കാണാം ഒരു ക്രിയയും നമ്മളെ കൊണ്ടല്ല നടക്കണത്ത ഞാനല്ലേ കാണണത് എന്ന് പറഞ്ഞ കാണാൻ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറിയ എന്തിയും ഞാനല്ലേ കേൾക്കണത് ചെവി കേൾക്കണില്ല പെട്ടെന്ന് എന്തിയും യാവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നിദ്രാരൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സംസ്ഥിത ബുദ്ധിരൂപേണ സംസ്ഥിത ഒക്കെ തന്നെ ആ ശക്തിയാണെന്ന് വെറുതെ അഹങ്കാരം മാത്രം എന്ത് പറയണു ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ സാധന ചെയ്യണു ഞാൻ ഭജിക്കണു ഒക്കെ പറയും ഈ ഞാൻ മാത്രമാണ് തടസ്സം അവരൊന്നും തടസ്സമല്ല ഇത് വെറും ഹമ്പക്കാണെന്ന് അറിഞ്ഞാൽ ഇത് വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് അറിഞ്ഞാൽ ഒക്കെ തന്നെ പ്രകൃതി കൊണ്ടാണ് നടക്കണത് എന്ന് വിചാരം കൊണ്ട് തെളിഞ്ഞാൽ കൃപ എന്നുള്ളത് അപ്പൊ നമുക്ക് കൃപ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇപ്പോഴും കൃപയാണോ ഉള്ളത് മനസ്സുകൊണ്ടാണ് നടക്കുന്നത് ശന്റെശക്തി കൊണ്ടാണ് നടക്കണമെന്ന് കൃപ അനുഭവ എപ്പോ ഈ അഹങ്കാരം കൊണ്ട് വിഷമിച്ച ശേഷം അഹങ്കാരത്തിന് ഞങ്ങൾ ത്യാഗം ചെയ്യണത് ശരണാഗതി ചെയ്യുമ്പോ കൃപ അനുഭവവേദ്യമാവും അതാണ് അടുത്ത ശ്ലോകം നോക്ക ഭഗവാൻ പറയണത് എതു സർവാണി കർമാണി മയിസന്യസ്യ മത്പരാഹ അനന്യനൈവ യോഗേനേന ം ഉപാസത്തെ ഇപ്പോ ക്ലേശോ അധിക തരസ്താം അവ്യക്താസക്ത ചെയ്ത സാം ദേഹാഭിമാനത്തോടുകൂടെ ഇരിക്കുമ്പോ ആത്മധ്യാനമൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളൊക്കെ പറയണത് എനിക്ക് ആത്മവിചാരം ഒന്നും പറ്റണില്ല പലരും പറയേണ്ട ധ്യാനിച്ചൊക്കെ നോക്കണു ഒന്നും സാധിക്കണില്ല ഉറക്കം വരണു ഒന്നും നടക്കണില്ല അപ്പൊ എന്തിയും അപ്പൊ ഭഗവാൻ പറഞ്ഞു സർവകർമാണി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അടുക്കള പണി ചെയ്യണോ ഓഫീസിൽ പോകണോ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെങ്കിൽ സാധനം ചെയ്യുന്നു ജപം ധ്യാനമൊക്കെ അതും ചിലരൊക്കെ പറയുന്നത് എന്തോ ചെയ്യുന്നുണ്ടോ ഒന്നും നടക്കണില്ല എന്തോ നാമം ജപിക്കണോ എന്തോ പൂജിക്കുന്നു എന്തോ ധ്യാനിക്കണോ എന്തോ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ മൈ സന്യസ്യ മത്പരാ ഇതാണ് സീക്രട്ടും സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പാടില്ലാത്തതെന്നല്ല പറഞ്ഞാലും മനസ്സിലാവാത്തതാണ് സീക്രട്ട് അനുഭവത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ മയിസന്യസ്യമത്പരാഹ നാമം ജപിക്കണം നാമം ജപിക്കുമ്പോ മഹാത്മാക്കൾ നാമം ജപിക്കുമ്പോ അവരെങ്ങനെ നർത്തനം ചെയ്യുന്നു അവരെങ്ങനെ രസിക്കുന്നു നമ്മൾ നാമം ജപിക്കുമ്പോൾ മാത്രം എന്താ ഉറങ്ങിപ്പോണത് ഒരേ നാമം തന്നെയല്ലേ അതിനകത്ത് എന്താ അവർക്ക് മാത്രം ഒരു മാധുര്യം അവർക്ക് മാത്രം ഒരു ഭാവം നമ്മൾക്ക് മാത്രം ഒന്നും വരുന്നില്ല ഒരേ നാമം ചിലരൊരു നാമശ്രവണം കേൾക്കുമ്പോൾ ലോകമേ അവർക്ക് വിട്ടുപോകണം ഭഗവാന്റെ നാമം കേട്ടാൽ ചൈതന്യ മഹാപ്രഭു ഒക്കെ മറന്ന് നർത്തനം ചെയ്തിരുന്നു നാമം കേട്ടാൽ മീറ എല്ലാം മറന്നു പോയിരുന്നു നമ്മൾ നാമം ജപിക്കാൻ മറന്നുപോയിരുന്നു മറവി നമുക്കും തുല്യമാണ് ജപം മറന്നുപോയി ജപിച്ചുകൊണ്ടേ ഇരുന്നതാണ് അതിന്റെ മറന്നുപോയി എന്തു പറ്റി ഭഗവാൻ അതാണ് അവിടെ മൈ സന്യസ്യമത്പരാഹ അവർക്ക് ലക്ഷ്യം ലോകത്തിലൊന്നും ലക്ഷ്യമല്ലാതാവുമ്പോ നോക്കണം ശ്രവണം കൊണ്ട് തന്നെ ഭഗവാനെ കിട്ടും എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ കേൾക്കുന്ന നിങ്ങൾക്ക് വേറൊന്നും ഉദ്ദേശമില്ലെങ്കിൽ ഭഗവാനല്ലാതെ വേറൊന്നും ഉദ്ദേശമില്ലെങ്കിൽ ഈ വാക്കിൽ അചിന്യമായ ഒരു ശക്തി നിറഞ്ഞിരിക്കും അപ്പോ ആ ശക്തി നമ്മളിൽ ശബ്ദശക്തി പ്രവർത്തിക്കും ശബ്ദശക്തേ അചിന്യത്വാത്ത് ശബ്ദശക്തി അചിന്യമായ ഒരു ശക്തി പ്രബലമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ടുള്ളതിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ കാര്യം നടന്നു പോകും പക്ഷേ നമ്മൾക്ക് പല മുൻവിധികളും പല ആഗ്രഹങ്ങളും പലതുമൊക്കെ നിൽക്കുമ്പോ എന്താ ഭഗവാനല്ലാതെ വേറെയും ചില ഉദ്ദേശങ്ങളുള്ളപ്പോ നടക്കണില്ല അത്രയുള്ളൂ അതാണ് ഭഗവാൻ പറഞ്ഞ മൈ സന്യസ് നിങ്ങൾ പ്രവർത്തിച്ചോളൂ ഒന്നും ഇടേണ്ട എന്നാണ് ഭഗവാന് നമ്മളുടെ ശരീരം വേണ്ട ഭഗവാന് നമ്മളുടെ മനസ്സ് വേണ്ട ഭഗവാന് നമ്മളുടെ ബുദ്ധി വേണ്ട നമ്മളെ മാത്രം മതി ശരീരവും മനസ്സുമൊക്കെ ലോകത്തിന് കൊടുത്തോളൂ ലോകത്തിൽ പ്രവർത്തിച്ചോളൂ പക്ഷേ മൈ സന്യസ്യ ഒന്നും ഞാൻ ചെയ്യണമെന്നല്ല ഭഗവാനെ അങ്ങ് ചെയ്യിപ്പിക്കണു ഭഗവാനെ അങ്ങ് ചെയ്യിപ്പിക്കണു ഭഗവാനല്ലാത്തൊന്നുമില്ല കൃഷ്ണൻ ചെയ്യിപ്പിക്കണ പോലെ ഞാൻ ചെയ്യണു കൃഷ്ണനല്ലാതെ ആരുമില്ല കൃഷ്ണനെ എങ്ങനെ ചിന്തിപ്പിക്കണോ അങ്ങനെ ചിന്തിപ്പിക്കണം ചിന്തിക്കണം എനിക്ക് ഭഗവാനെ വേണം ഭഗവാനെ വേണം ഇതൊന്നും ഞാനായിട്ടൊന്നും എനിക്ക് ചെയ്യണില്ല ഭഗവാൻ എങ്ങനെ ചെയ്യിപ്പിക്കണോ അങ്ങനെ ചെയ്യണം ഇതാണ് നാരായണായത്തി സമർപ്പ അനുസ്യൂതം ആദ്യം ഒരു ചിത്തവൃത്തി കൊണ്ട് ചിന്തിക്കുന്നു പതുക്കെ പതുക്കെ പതുക്കെ അത് ഭാവത്തിൽ വരും പതുക്കെ പതുക്കെ പതുക്കെ സത്യമെന്ന് അറിയും ആദ്യ സാധന ഉപാസന പിന്നെ പിന്നെ ഭാവം പിന്നെ ഭാവഫലത്തിനാൽ ഭാവനാതീത സദ്ഭാവം ഭാവബലം കൊണ്ട് ഭാവനാതീതമായ സദ്ഭാവത്തില് ഇരുന്നറിയും അപ്പോ സർവകർമാണി അപ്പി സദാ കുർവാണ മദ്വ്യപാശ്രയ മത്പ്രസാദാദവാപ്പ്നോത്തി ശാശ്വതം പദമവ്യയം അവസാനത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാം സർവകർമാണി അപ്പി ആശ്ചര്യം എന്താ അറിയോ ആദിശങ്കര ഭഗവത്പാദരെ ഭാഷ്യത്തിൽ ചേർത്തു നിഷിദ്ധാനി അഭികർമ്മമാണ് എന്ന് ചേർത്തു എന്നുവെച്ചാൽ നിഷിദ്ധമായ കർമ്മമാണ് ഒരാളുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ പോലും അയാളെ കൊണ്ട് വിടാൻ പറ്റുന്നില്ല രാമകൃഷ്ണ പരമാംസരെടുത്ത് ഒരു ഭക്തൻ പറഞ്ഞു എനിക്ക് കുടിവിടാനേ വയ്യാന്ന് തന്നു രാമകൃഷ്ണദേവം പല ടെക്നിക്കും പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ഫലിച്ചില്ല അവസാനം രാമകൃഷ്ണദേവം പറഞ്ഞു കുടിക്കുന്നതിന് മുമ്പ് ദേവിക്ക് നൈവേദ്യം ചെയ്തിട്ട് കഴിക്കുക ഈ വാസ്തവത്തിൽ ഈ താന്ത്രിക ആരാധനകളിലൊക്കെ ഈ കുടിയും ഇതുമൊക്കെ വെച്ചത് അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണത് അല്ലാതെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാത്ത ആള് ദേവിയെ ഉപാസിക്കാൻ വേണ്ടി കുടിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മഹാരാഷ്ട്രത്തിൽ പോയപ്പോ അവിടെ ഒരു ഭൈരവന്റെ അമ്പലമുണ്ട് അവിടെ ഭൈരവൻ വായു പൊളിച്ചിരിക്കണ്ടാവും അതിനകത്തേക്ക് പഴയ കാലത്ത് ഈ മദ്യമൊക്കെ ഒഴിക്കുമോ എത്ര വരും അതിങ്ങനെ പോവും ബാക്കിൽ ടാങ്കിൽ എവിടെയും കളക്ട് ചെയ്യണ്ടോ എനിക്കറിയില്ല അതിങ്ങനെ പോവും ഇപ്പൊ ആളുകൾ വേറെ എന്തൊക്കെയോ കുപ്പിയാണോ കൊണ്ടൊന്ന് ഒഴിക്കണത് അത് നേരത്തെ കുട്ടി അറിഞ്ഞതുകൊണ്ട് നമ്മളെ അടുത്തുകൂടെ പോയില്ലേ അങ്ങനെ ദൂരത്തൊന്ന് കണ്ടിട്ട് വന്നു ഇവിടുന്ന് വന്ന പല ഭത്തകളും വാങ്ങി തീർത്ഥം വാങ്ങി കുടി അറിയ പല ആളുകൾക്ക് അബദ്ധം പറ്റി എന്താ കാര്യമൊന്നും മനസ്സിലാവാതെ ഭയരാൻ പറയും അപ്പോ അതൊക്കെ യജിച്ച് നീക്കാനുള്ള ഒരു വഴിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ദൂഷ്യം അഭിചേ സു ദുരാചാര ദുരാചാരമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു നിങ്ങളായിട്ട് യത്നിച്ച് നീങ്ങണില്ലെങ്കിൽ ഭഗവാനെടുത്ത് പറയാ ഭഗവാനെ എന്നെ സാധിക്കണില്ല അവിടുന്ന് തന്നെ എന്നെ ശരിയാക്കിത്തരണം ഞാൻ എങ്ങനെ ഇരിക്കണോ അങ്ങനെ ആക്കിത്തരണം ഏത് ഭഗവാൻ എടുത്താ പറയണത് തനിയെ വർത്തമാനം പറഞ്ഞാൽ മതി അന്തർയാമി കേട്ടോളും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം തനിയെ വർത്തമാനം പറയലാണ് ഭക്തി ഇപ്പൊ കുഴപ്പൊന്നുമില്ല അപ്പൊ എല്ലാരും അതാണ് ചെയ്യണത് സെൽഫോണ് കയ്യില് പോലും വെക്കണില്ല ചെവിയിൽ എവിടെയോ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ നാടിനീളെ സംസാരിച്ച് ഹൈവേയിലൊക്കെ ഒരു കൂസലുമില്ല രണ്ടു വശത്തും വാഹനം ഇവ നടുക്കുകൂടെ അങ്ങനെ വർത്തമാനം വന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ളില് വർത്തമാനം പറഞ്ഞാൽ ആരുടെ നമ്മളുടെ അടുത്ത് തന്നെ വർത്തമാനം പറയണത് നമ്മളുടെ തന്നെ അന്തര്യാമിയോട് തന്നെ വർത്തമാനം പറയണത് സാക്ഷിയോട് തന്നെ വർത്തമാനമാണ് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് നമ്മളുടെ എല്ലാ സീക്രട്ടും പത്ത് വർഷം മുമ്പ് ജാനുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി അഞ്ചു മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് റെക്കോർഡ് അദ്ദേഹത്തിനടുത്തുണ്ട് അന്ന് മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനടുത്തുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനടുത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും മറച്ചു വയ്ക്കാനില്ല എല്ലാം അറിയാം സർവവിത്ത് നിരതിശയം സർവജ്ഞത്വ ബീജം നിരതിശയമായ സർവജ്ഞത്വം അവിടെ ബീജരൂപത്തിൽ കിടക്കേണ്ടതെന്നാണ് മാനിഫെസ്റ്റ് ആവണില്ലേ അത്രയുള്ളൂ അദ്ദേഹത്തിനെല്ലാം അറിയാം അതുകൊണ്ട് വൃദ്ധ വർത്തമാനം പറയാം തനിയ ഭക്തന്മാരൊക്കെ തനിയ വർത്തമാനം പറഞ്ഞതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കവിതകളും പാട്ടുകളും ഭക്തന്മാരുടെ കൃതികളും ഒക്കെ വർത്തമാനം പറഞ്ഞതാ ഭഗവാന്റെ അടുത്ത് അതുകൊണ്ട് കർമ്മങ്ങളെയൊക്കെ ഭഗവാൻ അർപ്പിക്കുക നമ്മളുടെ ദൂഷ്യങ്ങളെയൊക്കെ ഭഗവാൻ അർപ്പിക്കുക നല്ലതിനെയൊക്കെ ഭഗവാൻ അർപ്പിക്കുക ഭഗവാനോട് പറയാ ഭഗവാനെ എല്ലായിടത്തോളും എന്നെ എങ്ങനെ ആക്കണോ അങ്ങനെ ആക്കുക ഞാൻ എന്ത് ചെയ്യണോ അങ്ങനെ ചെയ്യിപ്പിക്കുക എന്നെ പറ്റില്ല നല്ല ഡ്രൈവറിന്റെ കയ്യിൽ വണ്ടി കൊടുത്താൽ സ്വസ്ഥമായിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാലോ അല്ലേ ഡ്രൈവർ ശരിയാവണമെന്ന് അറിയണം അത്രയേ ഉള്ളൂ ആരുടെത്തെയും കൊടുത്തിട്ട് വണ്ടി ഓടിക്കും നല്ലവണ്ണം ഓടിക്കും ആദ്യമായിട്ടാണ് വണ്ടിയിലിരിക്കണം റിഞ്ഞ പിന്നെ ധൈര്യമായിട്ട് ഇരിക്കുവോ ബാക്കില് നല്ല ഡ്രൈവറാണെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കണ പോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവറാണ് അദ്ദേഹമാണ് ഡ്രൈവറ് നമ്മള് ഡ്രൈവർമാരൊന്നുമല്ല ചിലപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ മടിയിലിരുത്തിയാൽ ഒരാളെ അച്ഛൻ വണ്ടി ഓടിക്കണെങ്കിൽ അയാളും വണ്ടി ഓടിക്കണ പോലെ കാണിക്കുക അതുപോലെയാണ് നമ്മളുടെ വണ്ടി ഓടിക്കലൊക്കെ ഓടിക്കുന്നത് തന്നെ അറിഞ്ഞു കൊടുക്കുക അറിഞ്ഞ് ശരണാഗതി ചെയ്യുക നിവേദനം ചെയ്യാം ഏൽപ്പിക്കുക അനുസ്യൂതം അത് വെറുതെ പറഞ്ഞിട്ട് നമ്മളുടെ തെറ്റുകളെയും ദൂഷ്യങ്ങളെയും ഒക്കെ ന്യായീകരിക്കാനുള്ള വഴിയല്ല അത് പറയണത് മറിച്ച് അതിനെയൊക്കെ നിവൃത്തിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ വിചാരിച്ചിട്ട് നിവൃത്തമാവണില്ലെങ്കിൽ അങ്ങോട്ട് കരഞ്ഞേൽപ്പിക്ക പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക പറഞ്ഞ് ഏൽപ്പിക്കുക ഈ ഒറ്റ ദൂഷ്യമേ ഉള്ളൂ കാമമോ ക്രോധമോ ലോപമോ മോഹമോ മതമോ ആത്സര്യമോ ഒന്നും സ്വതന്ത്രമായി ദുഷ്ടമല്ല ദൂഷ്യം അഹങ്കാരം മാത്രമാണ് അതിനെയാണ് നമ്മൾ ശരണാഗതി ചെയ്യേണ്ടത് അത് ശരണാഗതി ചെയ്ത് ബാക്കിയൊക്കെ ശുദ്ധമായി കൊടുക്കും അതുകൊണ്ട് സർവകർമാണി അഭി മൈ സന്യസ്യ എല്ലാ കർമ്മങ്ങളെയും കർത്തൃത്വത്തിനെ മുഴുവനും സകല ചലനങ്ങളെയും ഭഗവാൻ സന്യസ്യ എന്ന് വെച്ചാൽ ത്യജിച്ചിട്ട് എവിടെ സന്യാസം എന്ന് വെച്ചാൽ ത്യാഗാർത്ഥേ മൈ സന്യസ്യ ഭഗവാനിൽ ഏൽപ്പിച്ചിട്ട് ഇത് ഗീതയുടെ അവസാനമാക്കാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം അർജുന തിഷ്ടതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ തമേവ ശരണം ഗച്ഛ പുറത്താർക്കും ശരണാഗതി ചെയ്യരുത് എന്നാണ് അതിന്റെ സീ അതിന്റെ അർത്ഥം തമേവ എന്ന് പുറത്തൊരാൾക്കും ശരണാഗതി ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായി നിങ്ങളെ ഓരോ സമയവും ചലിപ്പിക്കുകയും നടപ്പിക്കുകയും ചെയ്യുന്ന സർവസാക്ഷിയായി ഗതിർ ഭർത്താ പ്രഭു സാക്ഷിയായിട്ടുള്ളിൽ അറിയപ്പെടുന്ന ആളെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങലാണ് ശരണാഗതി അപ്പോ ശാന്തി ഉണ്ടാവും ഇതിനെ വേണ്ട വിധത്തിൽ അറിയണതാണ് ഭക്തിമാർഗം യോഗമാർഗം അപ്പോ മൈ സന്യസ്യ മത്പരാഹ ഭഗവാൻ മാത്രമാണ് പരം ഉള്ളിലുള്ള ഈ കുഴപ്പങ്ങളൊക്കെ നീക്കി കോൺഫ്ലിക്ട്സൊക്കെ നീക്കി മനസ്സ് ശാന്തമായി ആത്മാവ് പ്രകാശിക്കണം ആത്മാനുഭവം നിരന്തരമാകണം എന്ന് ആര് തീരുമാനിക്കണം അവനാണ് മത്വന അനന്യേന ഇവ യോഗേന ആ അന്തര്യാമയിൽ നിന്ന് അന്യമായ ഒരു ഞാനില്ല രണ്ടുണ്ടാവുമ്പോ കോൺഫ്ലിക്റ്റ് ഉണ്ട് രണ്ടില്ല അന്യമില്ല അനന്യോഗം എന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്ന് അന്യമായൊരു താൻ നിൽക്കണില്ല ഇന്നലെ ഇന്ന് രാവിലെ ആരോ ചോദിച്ചു അദ്വൈതം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ നമ്മൾ ഭഗവാൻ ആവുകല്ല ഭഗവാനിൽ നിന്ന് അന്യമായൊരു നമ്മളില്ലാതവലാണ് ഭഗവാൻ നിന്ന് അന്യമായൊരു ഞാൻ നിൽക്കുമ്പോ വിഷമാണ് ദുഃഖമാണ് ആ ഞാൻ ഞാനെന്നും ഈശ്വരനെന്നും പിളർന്ന് നിൽക്കുക മഹാമോഹം നിമിത്തം ഏറ്റവും വലിയ മോഹമാണ് ഈശ്വരനും ഈശ്വരനെ സഹായിക്കാനൊരു ജ്ഞാനം ഇതാണ് കുഴപ്പം അപ്പൊ ഭഗവാനേ ഉള്ളൂ ഭഗവാനാണ് എല്ലാം ചെയ്യണത് വീണ്ടും വീണ്ടും വീണ്ടും നാഹം നാഹം ത്വം ത്വം മൈ സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്തോപാസത്തെ അവരുടെ ധ്യാനവും ഉപാസനയൊക്കെ എന്താ അനന്യോഗമാണ് അവര് ചെയ്യണ പ്രവൃത്തി ഒക്കെ ചെയ്യുന്നു ഉള്ളിൽ എപ്പോഴും അടങ്ങിക്കൊണ്ട് അറിയണോ ഭഗവാനാണ് എനിക്കൊന്നും അറിയില്ല എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ചുമതല ജീവിതത്തിന്റെ ചുമതലയൊന്നും കയ്യിലില്ല ഭഗവാന്റെ കയ്യിലാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്താൽ എന്താവും അടുത്ത ശ്ലോകം ഭഗവാൻ പറയണം തേഷാം അഹം മൃത്യുസംസാര സാഗരാത് ഭമി നച്ചിരാശിത ചേതാം നച്ചിരാത് പെട്ടെന്ന് തന്നെ അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ പ്രത്യേകിച്ചൊരു ഉപാസനയോ ജപമോ ധ്യാനമോ ഒന്നും നീക്കിവെക്കണ്ട എന്തെന്ത് പ്രവൃത്തികൾ ചെയ്യുന്നു അതൊക്കെ ചെയ്യുമ്പോ തന്നെ അതിനെയൊക്കെ ഭഗവതർപ്പണമാക്കിയിട്ട് ഭഗവാനെ ഉള്ളൂ ഞാനില്ല എന്നുള്ളൊരു മഹാമന്ത്രം കബീറടുത്ത് പറയുണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് രാമനെ കിട്ടിയത് വെച്ചപ്പോ കബീർ പറഞ്ഞു രാമനെ എനിക്ക് കിട്ടിയില്ല എന്നെയാണ് രാമന് കിട്ടിയത് എന്നിട്ട് പറഞ്ഞു തൂ തൂ കർത്താ തൂ ഭയാ രാമനെ ഉള്ളൂ രാമനെ ഉള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു അവസാനം മുജ്മേ രഹീനഹൂ എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഇല്ല ഉള്ളൂ അവിടെ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു രാമൻ രാമനെ ഉള്ളു അപ്പോ അങ്ങനെ ഭഗവാനെ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രവൃത്തി തന്നെ എന്ത് ജോലി ചെയ്യണോ സാധന ഇത് നോക്കണം ഇതിൽ ഭഗവാനെന്നുള്ള ഭാവം വന്നാലേ സാധനയാവുള്ളൂ ആളുകളൊക്കെ പറഞ്ഞാൽ അവരവരുടെ ഡ്യൂട്ടി തന്നെ സാധനമാണ് എന്ന് പറയും എന്നിട്ട് അതൊക്കെ ലൗകിക പ്രവൃത്തി മാത്രമായിട്ട് ചിന്തിക്കുന്നിടത്തോളം ലൗകിക പ്രവൃത്തിയാണ് അനുസ്യൂതം സ്മരണ ഉണ്ടാവണം ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും നിത്യമല്ല എന്നെങ്കിലും ഒരു ദിവസം ഇത് വിട്ടുപോകും ഇത് വിട്ടുപോകുമ്പോ ഇതിന്റെ വാസന നമുക്ക് പ്രവൃത്തി ചെയ്യുമ്പോ അഹങ്കാരത്തോടുകൂടിയാണ് പ്രവൃത്തി ചെയ്യണതെങ്കിൽ പ്രവൃത്തി വിട്ടുപോകുമ്പോ പ്രവൃത്തിയുടെ വാസന നമ്മളുടെ ഉള്ളിൽ കിടക്കും കർത്തൃത്വമില്ലാതെ ഭഗവതർപ്പണമായിട്ടാണ് പ്രവൃത്തി ചെയ്യണതെങ്കിൽ പ്രവൃത്തി എന്തായാലും വിട്ടുപോകും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപോകും കാരണം പ്രവൃത്തിയുടെ സ്വഭാവം തന്നെ വിട്ടുപോവലാണ് കർമ്മത്തിന്റെ സ്വഭാവം തന്നെ വിട്ടുപോവല അങ്ങനെ കർമ്മം ഭഗവതർപ്പണമായിട്ടാണ് ചെയ്യണതെങ്കിൽ അത് വിട്ടുപോകുമ്പോൾ നമ്മളെ സ്വരൂപത്തിലെ പ്രതിഷ്ഠിതരാവും ഇതാണ് രണ്ടിനും വ്യത്യാസം റിട്ടയറാവുമ്പോൾ ചിലര് അയ്യോ ഇനി എന്തു ചെയ്യും റിട്ടയറായി നേരം വിളിച്ചേ അവർക്ക് മേശപ്പുറത്ത് പോയി ഇരുന്നാലേ ശരിയാവുള്ളൂ എന്തിനെങ്കിലുമൊക്കെ മുമ്പിൽ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യാനൊന്നുമില്ലെങ്കിലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്താ പ്രവൃത്തിയുടെ ബീജം ഉള്ളിൽ കിടക്കണോ ഹാബിറ്റ്